ധ്യായം മുപ്പത്തിയേഴ് ബസലേൽ പെട്ടകം ഖതിരമരം കൊണ്ട് ഉണ്ടാക്കി അതിന് രണ്ടരമുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നരമുഴം ഉയരവും ഉണ്ടായിരുന്നു അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിന്റെ നാല് കാലിനും ഇപ്പുറത്ത് രണ്ടുവളയം അപ്പുറത്ത് രണ്ടുവളയം ഇങ്ങനെ നാല് പൊൻവളയം വർപ്പിച്ചു അവൻ ഖതിരമരം കൊണ്ട് തണ്ടുകളുമുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു പെട്ടകം ചുമക്കേണ്ടതിന് ആ തണ്ട് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവൻ തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കി അതിന് നീളവും ഒന്നരമുഴം വീതിയും ഉണ്ടായിരുന്നു അവൻ പൊന്നുകൊണ്ട് രണ്ട് കെരൂപുകളെ ഉണ്ടാക്കി കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അവയെ അടിപ്പുപണിയായി ഉണ്ടാക്കി ഒരു കെരൂപ് ഒരറ്റത്തും മറ്റേ കെരൂപ് മറ്റേ അറ്റത്തും ഇങ്ങനെ കെരൂപുകളെ കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അതിൽ നിന്ന് തന്നെ ഉള്ളവയായിട്ട് ഉണ്ടാക്കി കെരൂപുകൾ മേലോട്ട് ചിറകുവിടർത്ത് ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും ചെയ്തു കെരൂപുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ആയിരുന്നു അവൻ ഖതിരമരം കൊണ്ട് മേശ ഉണ്ടാക്കി അതിന് രണ്ടു നീളവും ഒരു മുഴം വീതിയും ഒന്നരമുഴം ഉയരവും ഉണ്ടായിരുന്നു അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി ചുറ്റും നാലു നാലുവിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി ചട്ടത്തിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിന് നാല് പൊൻവളയം വാർത്ത് നാല് കാലിന്റെയും ഓരോ പാർശ്വത്തിൽ തറച്ചു മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഖതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ട് അവൻ തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കി വിളക്ക് അടിപ്പുപണിയായി ഉണ്ടാക്കി അതിന്റെ ചുവടും തണ്ടും പുഷ്പ പുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു നിലവിളക്കിന്റെ ഒരു വശത്തുനിന്ന് ശാഖ അതിന്റെ മറ്റേ വശത്തുനിന്ന് മൂന്ന് ശാഖ ഇങ്ങനെ ആറു ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പപുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പപുടവും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട ശാഖ ആറിലും ഉണ്ടായിരുന്നു വിളക്ക് തണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ നാല് പുഷ്പപുടം ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും അതിൽ നിന്നുള്ള മറ്റേ രണ്ടു ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും അതിൽ നിന്നുള്ള ശേഷം രണ്ടു ശാഖയ്ക്ക് ഒരു മുട്ടും ഇങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖ ആറിനും കീഴെ ഉണ്ടായിരുന്നു മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒറ്റ അടുപ്പണിയായിരുന്നു അവൻ അതിന്റെ ദീപവും അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി ഒരു താലന്ദ് തങ്കം കൊണ്ട് അവൻ അതും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അവൻ ഖതിരമരം കൊണ്ട് ധൂപപീഠം ഉണ്ടാക്കി അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയും ഇങ്ങനെ സമചതുരം ആയിരുന്നു അതിന് ഉയരം രണ്ടു മുഴം ആയിരുന്നു അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു അവനതും അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞും അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അത് ചുമക്കേണ്ടതിന് തണ്ടു ചെലുത്തുവാൻ വക്കിന് രണ്ട് പാർശ്വത്തിലുമുള്ള ഓരോ കോണിങ്കലും ഓരോ പൊൻവളയം ഉണ്ടാക്കി ഖതിരമരം കൊണ്ട് തണ്ടുകളുമുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല ധൂപവർഗവും തൈലക്കാരന്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി